ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയപ്പെട്ടവർ ഇന്ന് നമുക്ക് മത്തായി എഴുതിയ സേഷം അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം മുതൽ വീണ്ടും നമുക്ക് ചിന്തിക്കാം ഇവിടെ ഈ പതിമൂന്നാമത്തെ അധ്യായത്തിൽ കർത്താവായി യേശു ഏഴ് ഉപമകളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് കർത്താവ് നമുക്കറിയാവുന്നതുപോലെ താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആളുകളോട് ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സംവദിച്ച ഒരാളായിരുന്നു അപ്പോൾ തൻ്റെ സദസ്സിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് വളരെ പരിചിതമായ ആ നിലയിലുള്ള ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങൾ എടുത്ത് ഉപമകളാക്കി ഈ ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു കർത്താവിൻ്റെ ഒരു രീതി കർത്താവ് അങ്ങനെ ഉപമകളായിട്ട് ആളുകളോട് സംസാരിച്ചു ഏതാണ്ട് തൻ്റെ ജീവിതത്തിൽ മുപ്പത്തിയെട്ടിലേറെ ഉപമകൾ കർത്താവ് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇതിൽ ഈ അധ്യായത്തിൽ തന്നെ പത്തായി കഴിഞ്ഞ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ തന്നെ ഏതാണ്ട് ഏഴ് വ്യത്യസ്ത ഉപമകൾ സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് നമ്മളെ കാണുന്നുണ്ട് അവിടെ ആദ്യത്തേത് വിതയ്ക്കുന്നവൻ്റെ ഉപമ ഒരാൾ വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു അയാൾ വിതച്ചപ്പോൾ വഴിയേരികയിൽ വീണു അതുപോലെ തന്നെ പാറ സ്ഥലത്ത് വീണു മുള്ളിനിടയിൽ വീണു നല്ല നിലത്ത് വീണു മുപ്പതും അറുപതും നൂറും ഇനിയായിട്ട് നല്ല നിലത്ത് വീണത് വിളഞ്ഞു എന്നാൽ വഴിവക്കൽ വീണത് പറവുകൾ കൊത്തിക്കൊണ്ടുപോയി പാറ സ്ഥലത്ത് വീണത് വേരില്ലായകിയാൽ അത് ഉണങ്ങിപ്പോയി മുള്ളിനിടയിൽ വീണത് നിഷ്ഫലമായി പോയി നമുക്ക് ഈ ഇത് അറിയാം ഇതിൻ്റെ മൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ വളരെ വിശദമായിട്ട് ഈ ഉപമ രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമ രണ്ടാമതായിട്ട് വയലിലെ കള വയലിലെ കോതമ്പിനോടൊപ്പം ശത്രുവ് കൊണ്ടുവന്ന് കളയും വിതച്ചു ആ ഉപമയാണ് ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്നു മാത്രമല്ല അതിൻ്റെ വിശദീകരണം ആദ്യത്തെ ഉപമ വിശദീകരിച്ചതുപോലെ തന്നെ കർത്താവ് മുപ്പത്താറ് മുതൽ നാൽപ്പത്തി വരെ വാക്യങ്ങളിലെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അത് വിശദീകരിക്കുന്നുമുണ്ട് അടുത്ത ഉപമയെന്ന് പറയുന്നത് ഒരു കടകുമണി വലിയ വൃക്ഷമായി തീർന്ന ആ ഉപമയാണ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കും അടുത്തത് പുളിച്ച മാവിൻ്റെ ഉപമ ഒരു സ്ത്രീ പുളിച്ച മാവ് പുളിപ്പ് ആ മാവിലടക്കി വെച്ചു ആ മാവ് മുഴുവൻ പുളിച്ചുപോയി ആ കാര്യമാണ് മുപ്പത്തി വാക്യത്തിൽ ആ ഉപമയാണ് നമ്മൾ കാണുന്നത് വയലിലെ നിധി ആ വയലിൽ ഒളിച്ചു വച്ചിരുന്ന നിധി കണ്ടിട്ടൊരാൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നതാണ് അഞ്ചാമത്തെ ഉപമയായിട്ട് നമ്മളിവിടെ കാണുന്നത് നാല്പത്തിനാലാം വാക്യത്തിലാണ് ഇതിന് സമാനമായ ഒരു ഉപമയാണ് തൊട്ടടുത്ത് കാണുന്നത് ഒരാള് ഒരു നല്ല മുത്ത് കണ്ടിട്ട് തരിക്കുള്ളതൊക്കെയും വിറ്റ് ആ വ്യാപാരി ആ മുത്ത് വാങ്ങിയതാണ് നാല്പത്തഞ്ച് നാല്പത്തി ആറ് വാക്യങ്ങളിൽ കാണുന്നത് കടലിൽ വലയിട്ടു ആ വലയിൽ കുടുങ്ങിയ മീനിലെ നല്ല മീനിനെ ശേഖരിച്ചു അല്ലാത്തതിനെ എറിഞ്ഞു കളഞ്ഞു ഇതാണ് നാല്പത്തി മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഏഴാമത്തെ ഉപമ അപ്പോൾ നോക്കുക കർത്താവ് പറഞ്ഞിട്ടുള്ള മുപ്പത്തെട്ട് ഉപമകൾ മുപ്പത്തെട്ടിലേറെ ഉപമകളിൽ ഏഴെണ്ണം ഇവിടെ വ്യത്യസ്തമായ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ പറയുന്നു അപ്പോൾ തന്നെ ഇത് സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട ഉപമകളായിട്ടാണ് അറിയപ്പെടുന്നത് എന്നാൽ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ സ്വർഗ്ഗരാജ്യത്തെ കുറിച്ചുള്ളതാണ് സഭയെക്കുറിച്ചുള്ളതാണ് എന്നല്ല നമ്മൾ കാണേണ്ടത് സ്വർഗരാജ്യത്തെ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ അല്ലെങ്കിൽ ദൈവസഭയെ മറ്റുള്ളവർ ഈ ലോകം എങ്ങനെ കാണുന്നു ലോകമെങ്ങനെ വിലയിരുത്തുന്നു ലോകത്തിൽ അതെങ്ങനെയാണ് ദൃശ്യമാകുന്നത് എന്നുള്ളത് വ്യത്യസ്തമായ തലങ്ങളിൽ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ കൂന്നൽ നൽകി വിശദീകരിക്കുന്നതാണ് ഈ ഏഴ് ഉപമകളും നമുക്കിതിന് വേണമെങ്കിൽ നാലായിട്ട് നാലായിട്ട് വേണമെങ്കിൽ ഒന്ന് തിരിച്ച് ചിന്തിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു ഒന്നെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഈ ലോകത്തിൽ ആയിരിക്കുന്ന ദൈവരാജ്യം അല്ലെങ്കിൽ ഈ ലോകത്തിലായിരിക്കുന്ന സഭ അത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് രണ്ട് ഉപമകളെങ്കിലും ആ നിലയിലാണ് ഒന്ന് വ ഈ ലോകമാകുന്ന വയലിൽ ശത്രു കൊണ്ടുവന്ന് കള വിതച്ചു ആ കളയെല്ലാം അവസാനം ലോകാവസാനത്തിൽ അത് തീക്കിരയാക്കി നല്ല കോതമ്പ് കളപ്പുരയിലെ കൂട്ടിവെച്ചു അതുപോലെ തന്നെ കടലിൽ ഇട്ട വലയിൽ നല്ലതും ചീത്തയുമായ മീൻ കുടുങ്ങി നല്ല മീനിനെ മാത്രം ശേഖരിച്ചു ചീത്തയായതിനെ എറിഞ്ഞ് കളഞ്ഞു അവിടെയും ഒരു ന്യായവിധിയുടെ ചിത്രം പറഞ്ഞുകൊണ്ടാണ് അവിടെയും അത് അവസാനിക്കുന്നത് നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയും അവിടെ കരച്ചിലും പല്ലുകടിയും പറഞ്ഞാണ് കടലിലെ വലയിറക്കിയ ആ ഉപമയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് ഈ വയലിലെ ശത്രു കൊണ്ടുവന്ന കള എന്ന് പറയുന്നത് ഈ ലോകം അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഉപമയായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പതിമൂന്നിൻ്റെ മുപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ ഈ വയലെന്ന് പറയുന്നത് ലോകമാണ് ആ വയലിലാണ് കോതമ്പ് നല്ല ഗോതമ്പുണ്ട് അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ദൈവസഭയിലെ അംഗങ്ങളായിരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ദുഷ്ടൻ കൊണ്ടുവന്ന് വിതച്ച കളയുമുണ്ട് ദുഷ്ടമനുഷ്യരുണ്ട് അവരെ ദൈവം നശിപ്പിക്കുന്നില്ല അവരവസാനം വരെ വളർന്നു വരട്ടെ എന്ന് കരുതി അവസാനത്തിലാണ് ആ നല്ല ഗോതമ്പിനെ തന്നെ ശേഖരിക്കുകയും കളയെ താന് ചുട്ടുകളഞ്ഞ് ആ നിലയിൽ അതിനൊരു ന്യായവിധി നടത്തുകയും ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് കർത്താവ് തന്നെ പതിമൂന്നിൻ്റെ മുപ്പത്തെട്ടിൽ വയൽ എന്ന് പറയുന്നത് ലോകം എന്ന് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചിലർ പറയാറുണ്ട് സഭയ സഭയെക്കുറിച്ചുള്ളതാണ് ഈ ഈ വയൽ സഭയെ പ്രതിദാനം ചെയ്യുന്നു അതുകൊണ്ട് സഭയിൽ നല്ല ആളുകളുമുണ്ട് അല്ലാത്ത ആളുകളുമുണ്ട് എന്ന് പറഞ്ഞ് രണ്ട് തരത്തിലുള്ള ആളുകൾ സഭയിൽ തന്നെ ഉണ്ട് അങ്ങനെ ചിലരതിനെ വിശദീകരിക്കാറുണ്ട് എന്നാൽ കർത്താവ് തന്നെ പറഞ്ഞു വയലെന്ന് പറയുന്ന സഭയല്ല ലോകമാണ് എന്ന് പറയുമ്പോൾ ദൈവസഭയിൽ ഒരിക്കലും രക്ഷിക്കപ്പെടാത്ത ആളുകൾ അല്ലെങ്കിൽ ദൈവദൃഷ്ടിയിൽ നീതീകരിക്കപ്പെടാത്ത ആളുകൾ അവരുണ്ടായിരിക്കുകയും അവര് ലോകാവസാനത്തോളം വളർന്നു വരട്ടെ എന്ന് ദൈവം അനുവദിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ അപ്പോൾ ഇത് ലോകത്തിലുള്ള സഭയുടെ ഒരു ചിത്രമായിട്ട് ഈ വയലിൽ ശത്രു കൊണ്ടുവന്ന് വിതച്ച കളയും കോതമ്പും ആ ഒരു ഉപമയെ നമുക്ക് അങ്ങനെ കാണാം അതുപോലെ തന്നെ കടലിൽ വലയിട്ട് നല്ല മീനിനെ ശേഖരിക്കുകയും മറ്റതിനെ എറിഞ്ഞു കളയുകയും ചെയ്തതും ഏതാണ്ട് ഇതുപോലെ തന്നെയുള്ള ഒരു ഉപമയായിട്ട് കാണാം അപ്പോൾ ഈ രണ്ട് ഉപമകൾ ലോകത്തിൽ സഭ ആയിരിക്കുന്നതിനെ കാണിക്കുന്ന ഉപമകളായിട്ട് കാണാനായിട്ട് കഴിയും എന്നാൽ ഇത് കടകുമണി അതൊരു വൻ വൃക്ഷമായിട്ട് വളർന്ന ആ ഒരു ഉപമ അത് എന്താ ഈ ഇന്നത്തെ സഭയെന്നു പറയുന്ന ചില സംഘടനകൾ അവയുടെ തെറ്റായ വളർച്ചയെക്കുറിച്ച് തെറ്റായ സഭകളെക്കുറിച്ചുള്ള ഒരു ഉപമയാണ് അതെന്ന് പറയാം മൂന്നാമത് ആ സ്ത്രീയ പുളിമാവ് ആ ഒരു ഉപമ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിലെ പുളിപ്പിനെക്കുറിച്ചുള്ള വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുള്ളതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അടുത്തതോ വയലിൽ ഒളിച്ചു വച്ച നിധിയും മുത്തുവാങ്ങിയ വ്യാപാരിയുടെയും ആ രണ്ടുപമകൾ ഈ നോക്കുക ഇന്ന് ഇന്ന് ലോകത്തിലായിരിക്കുന്ന സഭയിലായിരിക്കുന്ന ശിഷ്യത്വത്തിൻ്റെ ശിഷ്യൻ്റെ ആ നിലയിലുള്ള ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തെ സ്വീകരിച്ചവരെ സംബന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നാല് നിലയിൽ ഈ ഏഴ് ഉപമകളെ നമുക്ക് തിരിക്കാം ലോകത്തിലെ സഭയുടെ സ്ഥാനം അല്ലെങ്കിൽ രണ്ടാമത് തെറ്റായ വിധത്തിലുള്ള സഭാ സംഘടനയായിട്ടുള്ളത് മൂന്നാമത്തേത് സഭയിലെ തന്നെ ഉള്ള ആളുകൾ ജീവിതത്തിൽ പുളിപ്പ് വന്നാൽ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാലാമത് യഥാർത്ഥത്തിലുള്ള ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തെ കുറിക്കുന്നതായിട്ടുള്ള ഒടുവിലുള്ള രണ്ടുപമകൾ ഇത് ഒടുവിലുള്ള ഈ രണ്ടുപമകളും ശിഷ്യത്വവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും കാരണം അതിൻ്റെ പതിമൂന്നിൻ്റെ നാൽപ്പത്തി നാല് നാൽപ്പത്തി വാക്യങ്ങളിൽ ആ വയലിലെ നിധി കണ്ടിട്ട ഒരാൾ തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ആ വയൽ വാങ്ങി അല്ലെങ്കിൽ ആ വ്യാപാരി മുത്ത് കണ്ടിട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ആ മുത്ത് വാങ്ങി എന്ന് പതിമൂന്നിൻ്റെ നാൽപ്പത്തിനാലിലും നാൽപ്പത്തി ആറിലും പറയുന്നുണ്ട് ലൂക്കോസ് പതിനാലിൻ്റെ മുപ്പത്തിമൂന്നിൽ ഇതേ പ്രയോഗം തന്നെ ശിഷ്യത്വുമായി ബന്ധപ്പെട്ട നമുക്ക് കാണാനായിട്ട് കഴിയും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ അവന് കഴിയുകയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ തനിക്കുള്ളതൊക്കെയും വിറ്റു എന്ന് പറയുന്നത് പോലെ തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുക എന്ന അതേ പ്രയോഗം തന്നെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും അപ്പോഴ് നമ്മൾ പറഞ്ഞു വന്നത് ഈ ഏഴ് ഉപമകളെ നമുക്ക് നാലായിട്ട് തിരിച്ച് പഠിക്കാനായിട്ട് കഴിയും നമുക്കിതിൻ്റെ അകത്ത് തന്നെ തെറ്റായ വിധത്തിലുള്ള സഭകളെക്കുറിച്ചും വ്യക്തിജീവിതത്തിൽ വരുന്ന തെറ്റായ കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന ആ രണ്ട് ഉപമകൾ വളരെ വേഗത്തിൽ നമുക്ക് നോക്കുകയും അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ എടുക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവര് ഇന്ന് നമ്മളെ ഈ ഭൂമിയിൽ ഈ ലോകത്ത് സഭയെന്ന പേരിൽ അറിയപ്പെടുന്ന ചില സംഘടനകളുടെ തെറ്റായ വളർച്ചയിലേക്ക് വരൽ ചൂണ്ടുന്ന ഒരു ഉപമയാണ് കടകുമണിയുടെ ഉപമ എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ അവിടെ സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിനിട്ടു അതെല്ലാവിധത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം അതൊരു വലിയ വൃക്ഷമായി തീരുന്നു ഇതാണ് ആ കടുകണി വൻ തീർന്ന ആ ഉപമ നമ്മളിത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സഭ ആ നിലയിൽ വലിയ വളർച്ച നേടിയത് നല്ലതല്ലേ എന്ന് വിചാരിക്കും പക്ഷേ ഇവിടെ ഓർക്കുക വിതച്ചത് എന്താ വിതച്ചത് കടുകണിയാണ് കടുകുമണി വിതച്ചപ്പോൾ ആ കടുകുമണിയിൽ നിന്നുണ്ടാകുന്നത് ഒരു ചെടിയാണ് ഒരു സസ്യമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ ഇവിടെ അസ്വാഭാവികമായ ഒരു വളർച്ചയാണ് നമ്മൾ കാണുന്നത് അതൊരു സസ്യമാകേണ്ടതിന് പകരം അതൊരു വൻ വൃക്ഷമായി തീരുന്നു നമ്മളെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ ദൈവം സൃഷ്ടിക്കുന്ന ആ സമയത്ത് അതത് വിത്തിൽ നിന്ന് അതത് ചെടികളാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ കടുകുമണിടെ വിത്തിൽ നിന്ന് കടുക് ചെടിയാണ് ഉണ്ടാകേണ്ടത് അതിന് പകരം വിത്തിൽ നിന്ന് അതത് സസ്യം ഉണ്ടാകേണ്ടതിന് ഇവിടെ ഇതാ കടുകുമണിയുടെ വിത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വൃക്ഷമുണ്ടാകുന്നു അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വലിയ വൃക്ഷമാണ് ആ നിലയിൽ ഇതിനെക്കുറിച്ച് ദൈവീകമായ രീതികളെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ അതിന് വലിയ ഒരു വളർച്ചയായിട്ട് കാണുകയും അത് നല്ലതായിട്ട് അത് ആയിത്തീർന്നല്ലോ എന്ന് അതിനെ ഒരുപക്ഷെ അഭിനന്ദിക്കുകയും ചെയ്തെന്നിരിക്കാം എന്നാൽ അത് ദൈവം നിലയിലുള്ള ഒരു വളർച്ച തെറ്റായ നിലയിലുള്ള ഒരു വളർച്ചയാണ് കാര്യം അതത് വിൽ നിന്ന് അതത് ഇതൊരു തെറ്റായ വളർച്ചയാണ് മറ്റൊരു കാര്യം കൂടെ ഇത് തെറ്റായ രീതിയിലുള്ള ഒന്നാണ് എന്നതിലേക്ക് വരലി ചൂണ്ടുന്നുണ്ട് അവിടെ നോക്കുക ആ വൃക്ഷത്തിൽ ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ പറവകൾ വന്ന് കൂടു എന്നാണ് അവിടെ വായിക്കുന്നത് അത് പറവകൾ വന്ന് കൂടു മുപ്പത്തി രണ്ടാമത്തെ വാക്യം അതിൻ്റെ കൊമ്പുകളിൽ വസിക്കുന്ന തക്കവണ്ണം അതൊരു വൺ വൃക്ഷമായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറവകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ഈ പതിമൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ ചില വിത്തുകൾ വഴിയരിയിൽ വീണപ്പോൾ പറവകൾ വന്നത് തിന്നുകളഞ്ഞു എന്നാണ് വായിക്കുന്നത് അപ്പം ദൈവരാജ്യത്തിൻ്റെ വിത്തിന് തിന്നുകളഞ്ഞതാണ് ഈ പറവകൾ എന്ന് തന്നെയല്ല കർത്താവ് ആ ഉപമ വിശദീകരിച്ചു പറയുമ്പോൾ അവിടെ പറവയെ അതിൻ്റെ നാലിൻ്റെ പത്തൊൻപതാം വാക്യം നോക്കുക ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിതയ്ക്കപ്പെട്ടത് കളയുന്നു ഇതത്രേ വഴിയിരികെ വിതയ്ക്കപ്പെട്ടത് എന്ന് ആ പറവയെ ദുഷ്ടനോട് ചേർത്താണ് കർത്താവ് പതിമൂന്നിൻ്റെ പത്തൊൻപതിലെ വിശദീകരിക്കുന്നത് അപ്പോൾ നോക്കുക പറവ വന്ന് കൂടുകൂട്ടി എന്നുള്ളത് നമ്മളെങ്ങനെയാണ് കാണേണ്ടത് ദുഷ്ടൻ പിശാജു വന്ന് പിശാചും അവൻ്റെ ദൂതന്മാരും വന്ന് അതിൻ്റെ കൊമ്പുകളിൽ കൂടുകൂട്ടി എന്നാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് ഇന്ന് സ്വർഗരാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന ചില സംഘടനകൾ ആളുകളുടെ ദൃഷ്ടിയിൽ അഭിനന്ദനമാം വിധം അഭിനന്ദനാർഹമാം വിധം വലിയ വളർച്ച നേടുകയും അവിടെ അനേക പറവകളുമൊക്കെ വന്ന് കോ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അസ്വാഭാവികമായ ഒരു വളർച്ചയാണ് അതെന്താണ് ശരിയായ സഭയല്ല അത് ബാബിലോണാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഒടുവിലെ ദൈവസഭയെയും യഥാർത്ഥ ദൈവസഭയും ദൈവസഭയുടെ ലക്ഷണം പ്രകടിപ്പിക്കുന്ന ബാബിലോണും തമ്മിലുള്ള ന്യായവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് വെളിപ്പാട് പതിനെട്ട് വെളിപ്പാട് പതിനെട്ടിൻ്റെ രണ്ടാമത്തെ വാക്യം നോക്കുക അവിടെ ഒരു ദൂതൻ വന്ന് മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞ് ആ ബാബിലോണിനെ സഭയായിട്ട് സഭയെന്ന പേരിൽ അറിയപ്പെട്ടതും വ്യാജസഭയായിട്ട് ദൈവം ചിത്രീകരിക്കുന്നതുമായ മഹതിയാം ബാബിലോണിനുണ്ടാകുന്ന ന്യായവിധിയാണ് വെളിപ്പാട് പതിനെട്ടിൻ്റെ രണ്ടിൽ നമ്മൾ കാണുന്നത് അവിടെ എന്താ വായിക്കുമ്പോൾ അവിടെ മഹതിയാം ബാബിലോൺ വീണു പോയി പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള പക്ഷികളുടെ തടവുമായി തീർന്നു അപ്പം ഈ മഹദിയാം ബാബിലോൺ എന്തായിരുന്നു ഈ പക്ഷികളവിടെയും നമ്മൾ കാണുന്നു ഈ പറവുകളെ നമ്മൾ അവിടെയും കാണുന്നു ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കിങ്ങനെ പറയാം ദൈവസഭയുടെ എന്നുള്ള പേര് പറഞ്ഞ് ഇന്ന് ദൈവവചനത്തിന് നിരക്കാത്ത പല കാര്യങ്ങളുമായിട്ട് വലിയ ചില സംഘടനകളുണ്ടാകും അതൊക്കെ സഭയെന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അതൊക്കെ മഹദിയാം ബാബിലോണിൻ്റെ ഭാഗമാണ് യഥാർത്ഥ സഭയല്ല ദൈവം അതിനെ ന്യായം വിധിക്കും അതിൻ്റെ വൻ വളർച്ച കണ്ട് അവിടെ നമ്മളും ചേക്കേറിയാൽ അത് നമുക്ക് ആത്യന്തികമായ നഷ്ടമായിരിക്കും എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയുള്ള സഭയൊക്കെ വലിയ സഭയായി മാറുന്നത് യഥാർത്ഥത്തിലുള്ള ശിശുത്വത്തിൻ്റെ സന്ദേശമോ അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ ആ നിലയിലുള്ള ദൂതുകളോ വിശുദ്ധിക്കായിട്ടുള്ള ആഹ്വാനങ്ങളോ അവിടെ ഇല്ല അവിടെ ചില ആചാരങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകളെ ഇക്കിളിപ്പെടുത്തുന്ന സന്തോഷമുള്ള ആളുകളുടെ ആ നിലയിലുള്ള ഈ ലോക ജീവിതം തന്നെ മെച്ചപ്പെടുത്താൻ സഹായകമായ സന്ദേശങ്ങളും ഒക്കെയായിട്ട് ആളുകളെ ഇക്കിളിപ്പെടുത്തി ആളുകളെ സന്തോഷിപ്പിച്ച് ആളുകളെ ഒരിക്കലും ഒരു വിശുദ്ധിയിലേക്കോ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കോ ആഹ്വാനം ചെയ്യാത്ത പ്രസംഗങ്ങളാണ് അവിടെ പലയിടത്തും മുഴങ്ങുന്നത് അങ്ങനെയുള്ളതൊക്കെയും ദൈവമുമ്പാകെ ന്യായം വിധിക്കപ്പെടും എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിലും നാം വളരെ സൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സഭയിലുള്ളവർ സൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആ ഊന്നൽ നൽകുന്ന ഒരു ഉപമ ആണ് പുളിച്ച മാവിൻ്റെ ഉപമയായിട്ട് ഈ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ എന്ത് ചെയ്തു മൂന്നുപറമാവിൽ ആ ഈസ്റ്റ് പുളിപ്പ് വെച്ചു അത് മുഴുവൻ പുളിച്ചു വന്നു പ്രിയപ്പെട്ടവർ പുളിപ്പെന്ന് പറയുന്നത് തെറ്റായ കാര്യത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ പത്തൊൻപത് നോക്കുക പുളിച്ചത് തിന്നാൽ ഇസ്രായേൽ സഭയിൽ നിന്ന് സ്വദേശിയാകട്ടെ പരദേശിയാകട്ടെ അവനെ ഛേദിച്ച് കളയണം പുറപ്പാട് പന്ത്രണ്ടിൻ്റെ പത്തൊൻപത് ലേവിയ പുസ്തകം രണ്ടിൻ്റെ നാല് അഞ്ച് പതിനൊന്ന് വാക്യങ്ങൾ നോക്കുക അവിടെ വിളിച്ചതൊന്നും അരുത് എന്ന് ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ തന്നെ പതിനാറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യവും പന്ത്രണ്ടാമത്തെ വാക്യവും നോക്കുക അവിടെ പറയുന്ന പരീശന്മാരുടെയും സദൂഖ്യരുടെയും പുളിച്ച മാവ് എന്ന് പറഞ്ഞാൽ തെറ്റായ ഉപദേശങ്ങൾ അതിനെക്കുറിച്ച് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് കർത്താവ് തന്നെ അതിനെതിരെ മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ് ഗലാത്തിർ പതിനഞ്ചിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് പറയുന്നു ഒന്ന് കോരിന്തിർ അഞ്ചിൻ്റെ ആറ് എട്ട് വാക്യങ്ങളിൽ നമ്മൾ പറയുന്നു പഴയ പുളിമാവ് നീക്കിക്കളയണം പഴയ പുളിമാവ് കൊണ്ടല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ടാണ് ഉത്സവം ആചരിക്കേണ്ടത് എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തുന്നു ചുരുക്കത്തിൽ നമ്മളിവിടെ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഈ പുളിച്ച മാവിനെക്കുറിച്ചുള്ള ആ ഉപമയും നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഉപമ പോലെ തന്നെ ഒരു നിഷേധാത്മകമായ ഉപമയാണ് ഇത് ഈ പുളിച്ച മാവിൻ്റെ ഈ ഉപമ അത് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഉപദേശത്തിലാകട്ടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ ഒരു പുളിപ്പും ഉണ്ടാകരുത് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഉപമയായിട്ട് നമുക്ക് ഇതിനെ എടുക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവർ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇതേവരെ ചിന്തിച്ച കാര്യങ്ങളെ നമുക്കിങ്ങനെ പറയാം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ നിലയിലുള്ള പല ഉപമകൾ കണ്ടു അതിൻ്റെ അകത്ത് തന്നെ സഭയെന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന പലതിൻ്റെയും പൊള്ളത്തരങ്ങളിലേക്ക് വരൽ ചൂണ്ടുന്നതാണ് കടകുമണി അത് ഒരു വലിയ വൃക്ഷമായി തീർന്ന അതുപോലെ തന്നെ വ്യക്തിജീവിതത്തിലെ ഉപദേശപരമായിതാകട്ടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകട്ടെ അശുദ്ധിയെ കുറിക്കുന്ന എല്ലാ പുളിപ്പും നീക്കളയണം അതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സ്ത്രീയെ ആ മാവിലെ പുളിപ്പ് വെച്ച് അത് മുഴുവൻ പുളിച്ചു വരുവോളോ അടക്കി വെച്ചു എന്ന് പറയുന്ന ആ ഉപമ ഈ ഉപമയിൽ നിന്നൊക്കെ നമ്മൾ പാഠങ്ങളെടുത്ത് ഒന്ന് നമ്മൾ എല്ലാം സഹയായിട്ട് കരുതരുത് പലതും സംഘടനകളാണ് ലോകദൃഷ്ടിതല്ല അത് വലുതായിട്ട് കണ്ടാലും ദൈവം അതിനെ അനുകൂലിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുളിപ്പുണ്ടെങ്കിൽ ആ പുളിപ്പ് നീക്കിക്കളയണം ഒന്ന് കോരിൻ്റെ അഞ്ചിൻ്റെ ആറ് മുതൽ എട്ട് ആറ് വാക്യത്തിലും എട്ടാം വാക്യത്തിലും നോക്കുക പഴയ പുളിമാവ് നീക്കിക്കളയണം പഴയ പുളിമാവ് കൊണ്ടല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിപ്പി അവിടെ സ്വ സ്വച്ഛതയും സത്യവും എന്ന് പറയുന്നത് സിൻസറി സിൻസിയർറ്റിയും ട്രൂത്ത്ഫുൾനെസ്സും എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത് സത്യസന്ധതയും ആ നിലയിലുള്ള ആ ഗുണമുള്ളത് ഒരു ഹൃദയം സത്യസന്ധത ഉള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടിൻ്റെ പതിനഞ്ചിൽ കാണുന്നത് പോലെ ഗുണമുള്ള നല്ല ഹൃദയം ഹോണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ട് സത്യസന്ധമായ അതുകൊണ്ട് വേണം നമ്മൾ എന്ത് വേണം എന്തു ചെയ്യാൻ ഈ പുളിപ്പിൽ ഇല്ലായ്മ കൊണ്ട് വേണം നമ്മൾ ഉത്സവം ആചരിപ്പാൻ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിനെ നമുക്ക് ഗൗരവമായിട്ടെടുക്കാം മത്തായി എഴുതിയ സുശേഷം അതിൻ്റെ പതിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് കടലിന്മീതെ നടന്നു വന്ന ആ ഒരു സംഭവം നമുക്ക് വളരെ വേഗത്തിൽ അതിൽ നിന്ന് ചില ആത്മീയ ചിന്തകളെ നമുക്ക് എടുക്കാം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ അവിടെ അതിൻ്റെ ഇരുപത് മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവ് കടലിന്മീതെ നടന്ന് ചെന്ന് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയതും കാറ്റിനെയും ഗോളിനെയും ശാസിച്ചതുമായ ആ പാകം കാണുന്നത് അവിടെ നമുക്കറിയാവുന്ന സംഭവമാണ് കർത്താവ് ശിഷ്യന്മാരെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ശേഷം ശിഷ്യന്മാരെ നിർബന്ധിച്ച് ആ കരയ്ക്ക് പടകിലയച്ചു എന്നിട്ട് കർത്താവ് തനിയെ പ്രാർത്ഥിപ്പാനായിട്ട് മലമുകളിലേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞിട്ട് കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ ഈ പോ മുങ്ങുമാറായി അത് കണ്ട് ശിഷ്യന്മാരെ ഭ്രമിച്ചു അവരെ പേടിച്ച് നിലവിളിച്ചു എന്നാൽ പുലർച്ചെ അതായത് രാത്രിയിലെ നാലായിമത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് ശേഷം കർത്താവ് എന്തു ചെയ്തു കടലിൻമീതെ നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു കർത്താവനെ കണ്ടിട്ട് അവർ ഭൂതമാണ് എന്ന് വിചാരിച്ചു അവർ പേടിച്ച് നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇതിനെ മറ്റ് മറ്റ് സുവിശേഷങ്ങളിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമായിട്ട് ചേർത്ത് ചിന്തിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും അവർ പേടിച്ച് നിലവിളിച്ചത് ഈ നിലയിൽ നടന്നു വരുന്ന കണ്ടിട്ടാണ് ഇതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു ഉടനെ പത്രോസ് പറഞ്ഞു കർത്താവ് നീ ആകുന്നെങ്കിൽ ഞാനേ വെള്ളം അടുക്കിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞു കർത്താവ് വരാൻ പറഞ്ഞു അവന് യേശു നടന്നതുപോലെ ഒരല്പദൂരം അവൻ വെള്ളത്തിൻമീതേ നടന്നു എന്നാൽ കാറ്റ് കണ്ടവൻ പേടിച്ച് മുങ്ങിത്തുടങ്ങി കർത്താവെ രക്ഷിക്കണമേയെന്ന് അവൻ നിലവിളിച്ചു കർത്താവ് കൈനീട്ടി അവനെ പിടിച്ച് ആ വെള്ളത്തിന് താണു പോകാതെ രക്ഷിച്ചു ഒടുവിൽ അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു പടകിലുള്ളവർ നീ ദൈവൂത്രൻ സത്യം എന്ന് പറഞ്ഞ് കർത്താവിനെ നമസ്കരിച്ചു ഈ സംഭവം ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എടുക്കാനായിട്ട് കഴിയും ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ കർത്താവ് നടന്നതുപോലെ തന്നെ പത്രോസും കടലിൻ മീതെ നടക്കുന്നു അതായത് കർത്താവ് നടക്കുന്ന കണ്ടപ്പം പത്രോസിന് താല്പര്യം കർത്താവേ നീ കടലിൻ മീതെ നടക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനും കടലിൻ മീതെ നടക്കട്ടെ എന്ന് പറഞ്ഞു കർത്താവ് ഉടനെ വേണ്ട എന്നല്ല പറയുന്നത് അവനോട് പറയുന്നു നീയും എന്നെപ്പോലെ തന്നെ കടലിൻ മീതെ നടക്കുക എന്ന് പറയുന്നു നമുക്കറിയാം ഈ ലോകത്ത് കർത്താവ് ജീവിച്ചപ്പോൾ കർത്താവ് ഈ ലോകത്തിലെ ഒരാളെപ്പോലെയല്ലേ ജീവിച്ചത് ഈ ലോകത്തിലെ ഇന്ന് കാണുന്ന പാപകരമായ എല്ലാ കാര്യത്തിനും മീതെ കൂടെയാണ് കർത്താവ് നടന്നു പോയത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വാക്കിലാകട്ടെ വിചാരത്തിലാകട്ടെ പ്രവർത്തനങ്ങളിലാകട്ടെ മനോഭാവങ്ങളിലാകട്ടെ ഒന്നും ഒരു പാപത്തിൻ്റെ ഒരു ലാഞ്ചന പോലും നമുക്ക് കാണാനായിട്ട് കഴിയില്ല ഈ ലോകത്ത് ജീവിക്കുന്നവരൊക്കെയും പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയയില്ല എന്നാണ് ആളുകൾ കരുതുന്നത് എന്നാൽ കർത്താവ് ഈ ലോകത്ത് ജീവിച്ചു പക്ഷേ ലോകത്തിൻ്റെതായ രീതിയിൽ ജീവിക്കാതെ അതിന് മീതേ കൂടെ പാപം തൊട്ട് തീണ്ടാതെ നടന്നു ജീവിച്ചു മുപ്പത്തി മൂന്നര വർഷം അങ്ങനെ ജീവിച്ചു എന്നുള്ളത് കടലിന്മീതെ നടന്ന ആ സംഭവത്തോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം കടലിലെ വെള്ളത്തിനു മീതേ വെള്ളത്തിനു മീതേ ഒരാൾക്കും നടക്കാനൊക്കുകയില്ല ഏത് മനുഷ്യനാണെങ്കിലും അവൻ ഗുരുത്വാകർഷണ നിയമം കൊണ്ട് അവൻ വെള്ളത്തിലേക്ക് താണു എന്നാൽ കർത്താവ് എന്ത് ചെയ്തു കർത്താവ് ആ വെള്ളത്തിനു മീതേ നടന്നു വന്നു കർത്താവ് വെള്ളത്തിൽ താണുപോയില്ല ഈ ലോകത്തിൽ കർത്താവ് ജീവിച്ചു പക്ഷേ കർത്താവ് പാപകരമായ സാഹചര്യങ്ങളുടെ മേളിൽ കൂടെ നടന്നു അതിൽ താണുപോയില്ല കർത്താവ് അങ്ങനെ പോയത് നമ്മൾ കാണുമ്പോൾ നമുക്ക് പത്രോസിനെ പോലെ ഒരാഗ്രഹം ഉണ്ടാകണം കർത്താവ് പാപത്തിൻ്റെ മേൽ ജയകരമായ ഒരു ജീവിതം ജീവിച്ചു എനിക്കും ആ നിലയിൽ ജീവിക്കണം എന്നൊരാഗ്രഹം നമുക്കും ഉണ്ടാകണം പത്രോസ് കർത്താവ് നടക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു കർത്താവ് നീ ആണെങ്കിൽ ഞാനും അതുപോലൊന്നും നടക്കട്ടെ എന്ന് പറഞ്ഞു കർത്താവ് ഉടനെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ആട്ടെ വാ എന്നാണ് പറഞ്ഞത് ഇന്ന് നമ്മളോടും കർത്താവ് പറയുന്നത് നിങ്ങളും എന്ത് വേണം നിങ്ങളും എന്നെ അനുഗമിക്കണം ഞാൻ ഈ ലോകത്തിൽ ഒരു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നുള്ള നിലയിലാണ് വന്നത് പക്ഷേ ദൈവത്വത്തിൻ്റെ അവകാശങ്ങൾ ഉരിഞ്ഞു വെച്ച് ഫിലിപ്പിലയനത്തിൽ നമ്മളത് കാണുന്നുണ്ട് ദൈവത്വത്തിൻ്റെ അവകാശങ്ങൾ ഉരിഞ്ഞു വെച്ച് താന് ഇവിടെ ആ ജീവിച്ച ആ സമയത്ത് തന്നെ നമുക്ക് തുല്യമായിട്ട് താനെ പരീക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും താൻ ഒരിക്കൽ പോലും പാവത്തിൽ വീണുപോയില്ല അല്ലെങ്കിൽ ആ വെള്ളത്തിൽ താണുപോയില്ല അങ്ങനെ ഒരു ജീവിതം ജീവിച്ച ശേഷം കർത്താവിന്ന് നമ്മളോട് പറയുന്നു നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന പറയുന്നു എത്രയോ വട്ടം സുവിശേഷങ്ങളിൽ കർത്താവ് എന്നെ അനുഗമിക്കുക എന്ന പറഞ്ഞിട്ടുണ്ട് ഈ നമുക്കറിയാം അതുപോലെ തന്നെ ഈ കർത്താവിനെ നമ്മളും എന്ത് ചെയ്യണം അങ്ങനെ അനുഗമിക്കണമെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ആറ് നോക്കുക അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു പത്രോസ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നോക്കുക നിങ്ങളവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ അവനൊരു മാതൃക വിജയിച്ചു പോയി അപ്പം പാപത്തിൽ താണു പോകാത്ത ആ നടപ്പിനെ നമ്മളും പിന്തുടരണം എന്നാണ് പത്രോസ് പറയുന്നത് യോഹനാൻ പറയുന്നത് അവനിൽ വസിക്കുന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ നമ്മളും നടക്കണം പൗലോസ് പറയുന്നു അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനായിട്ടാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് റോമ റെട്ടിൻ്റെ ഇരുപത്തൊൻപത് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ഈ ലോകത്തിലെ പാപകരമായ കാര്യങ്ങളോട് ചേരാതെ ഏ അതിനതീതമായി നിന്ന കർത്താവിൻ്റെ സ്വഭാവത്തിന് അനുരൂപപ്പെട്ട് ജീവിപ്പാനായിട്ടാണ് നമ്മളെ മുൻ നിയമിച്ചത് എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഫിലിപ്പിയർ രണ്ടിൻ്റെ അഞ്ചിൽ പൗലോസ് പറയുന്നു ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ചുരുക്കത്തിൽ ഇബ്രാ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒട്ടേറെ വാക്യങ്ങൾ രണ്ടിൻ്റെ പതിനാല് രണ്ടിൻ്റെ പതിനേഴ് രണ്ടിൻ്റെ പതിനെട്ട് നാലിൻ്റെ പതിനഞ്ച് ആറിൻ്റെ ഇരുപത് പന്ത്രണ്ടിൻ്റെ ഒന്ന് രണ്ട് തുടങ്ങിയ വാക്യങ്ങളൊക്കെ കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് പത്രോസ് കർത്താവിനെ പോലെ കുറച്ച് ദൂരമാണെങ്കിലും ഒരല്പദൂരമാണെങ്കിലും കടൽമീതേ നടന്നു എന്ന് പറയുന്നത് നമുക്ക് അതിനെ എങ്ങനെ എടുക്കാം കർത്താവ് ഈ ലോകത്ത് നമുക്ക് മുന്നോടിയായിട്ട് കടന്നുപോയി താനെ പാപത്തിൽ താണു ജീവിച്ചു നമുക്കും അങ്ങനെ കർത്താവിലുള്ള വിശ്വാസത്തിൽ കർത്താവിനെ അനുഗമിക്കാൻ കഴിയും പത്രോസിനെ പോലെ നമുക്ക് കടലിൻമീതെ നടക്കാനായിട്ട് കഴിയും ലോകം പറയും കടലിന്മീതെ ആർക്കും നടക്കാനൊക്കെ പക്ഷേ കർത്താവ് നടന്നു നമ്മളോടും പറയുന്നു നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു നമുക്കും നടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഈ ഈ ഭാഗം നമുക്ക് തരുന്ന ആ നിലയിലുള്ള ഉത്ബോധനം പത്രോസ് പിന്നെ കർത്താവിൽ നിന്ന് കണ്ണു മാറ്റി കർത്താവിനെ നോക്കുന്നതാണ് വിശ്വാസമെന്ന് പറയുന്നത് ആ വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചു പോയപ്പോഴാണ് അവൻ മുങ്ങിപ്പോയത് നമുക്ക് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി യേശുവിനെ നോക്കി നമുക്കവിടുത്തെ കാൽച്ചുകൂടെ പിൻപറ്റാം അതിനുള്ള വിളിയാണ് അതിനുള്ള ഒരു സാധനപാഠം നിലയിലാണ് പ്രായോഗികമായ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള ഒരു സംഭവം എന്നുള്ള നിലയിലാണ് ഇതിനെ നമുക്ക് എടുക്കാവുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കർത്താവ് ആ ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് പറയുന്നു ധൈര്യപ്പെടുമേ ഞാനാകുന്നു പേടിക്കണ്ട എന്ന് കർത്താവ് പറയുന്നു കർത്താവ് നാല് സുവിശേഷങ്ങളിലായിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് നിർദ്ദേശങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട് നൂറ്റി നിർദ്ദേശങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട് ഇതിൽ ഇരുപതിൽ പരം നിർദ്ദേശങ്ങൾ ഭയത്തെ അതിജീവിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്ന കർത്താവ് പറഞ്ഞിരിക്കുക ഏർ ഈ സുവിശേഷത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ മത്തായി എട്ടിന്റെ ഇരുപത്തി ആറ് പത്തിന്റെ ഇരുപത്തെട്ട് പത്തിന്റെ മുപ്പത്തി ഒന്ന് പതിനാലിൻ്റെ ഇരുപത്തി ഏഴ് പതിനേഴിൻ്റെ ഏഴ് ഇരുപത്തിനാലിൻ്റെ ആറ് ഇവിടൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്നു ഭയപ്പെടണ്ട പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കടന്നു സാഹചര്യത്തിൽ കർത്താവിൻ്റെ ഈ വചനങ്ങളെ നമുക്കായിട്ടുള്ള ആ നിലയിലുള്ള നമ്മളോടുള്ള വാക്കുകളായിട്ട് നമുക്ക് എടുക്കാം കർത്താവ് ശേഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് മത്തായി പതിനാലിൻ്റെ ഇരുപത്തഞ്ചിൽ പറയ ഇരുപത്തിയേഴിൽ പറയുന്നു ധൈര്യപ്പെടുവി ഞാനാകുന്നു പേടിക്കണ്ട ഇന്ന് നമ്മൾ കടന്നു പോകുന്ന നമ്മൾ ചിലപ്പോഴ് പലതും കണ്ട് അർദ്ധരാത്രിയാണ് നാലായാമമാണ് ഏ ആരാണ്ടോ കടൽ നടന്നു വരുന്നു ഭൂതമാണോ എന്നൊക്കെ പറഞ്ഞ് പേടിക്കാവുന്ന ഒരു സാഹചര്യമാണ് നമുക്കുമുള്ളത് പക്ഷേ നമ്മൾ പേടിക്കണ്ട കർത്താവ് നമ്മളോട് പറയുന്നു അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നമ്മളോട് പറയുന്നു പേടിക്കണ്ട ഞാനാകുന്നു അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ കർത്താവിൻ്റെ ഈ വാക്കുകൾ നമുക്ക് ധൈര്യം നൽകട്ടെ അപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഒന്ന് കർത്താവ് വിജയകരമായ ഒരു ജീവിതം ജീവിച്ച പോലെ ജീവിക്കാനുള്ള വിളിയാണ് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട കർത്താവ് ഉണ്ട് നമുക്ക് കർത്താവിനെ നോക്കാം ഭയപ്പെടാതെ മുന്നോട്ട് പോകാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാറാണ്